രാഷ്ട്രീയ പേരെയും പൊതു രാജസ്വട്ട അതിനും പ്രസിഡന്റ് രാജവിധിയെ വിഭാഗം രാജാക്കന്മാരെ ധരിച്ചിരുന്നു ഒരു നിരഞ്ചരം തമ്മിൽ യുദ്ധമായ രാജാക്കന്മാരെ ജനങ്ങളും കഷ്ടപ്പെട്ട് അവർക്ക് അവരുടെ ആ കഷ്ടപ്പാടുകളെ മാറ്റുന്നതിന് വേണ്ടി ഉപദേശ്ഞാന ഉപദേശം അതുകൊണ്ട് അധ്യാപി ഈ അധ്യാത്മവിദ്യ പൂർവം രാജസുവ ഇത് ആദ്യം രാജാക്കന്മാരോടാണ് പ്രവർത്തിച്ചിരുന്നത് ക്ഷത്രിയന്മാരും ഈ വിദ്യാർത്ഥികളുടെ ൻ തുടർന്ന് ലോക രാജ പ്രസിഡന്റ ലോകത്തിൽ വ്യാപിച്ച് രാജവിദ്യ രാജവിദ്യ എന്ന് ലോകത്ത് പറയപ്പെട്ടു ഉദാഹരണമെന്ന് വെച്ചാൽ പറയപ്പെട്ടു ഇതിന് രാജവിദ്യ എന്നൊരു കേരള ക്ഷത്രിയന്മാരും ആരും പ്രവർത്തിച്ചിരുന്നുകൊണ്ടാണ് എല്ലാവരുടെ വിദ്യാഗ്രഹമുണ്ട് അതിന് പറഞ്ഞു പൂർവം പൊറോ എന്ന് പറയുന്നുണ്ട് ക്ഷത്രിയനായ ഒരു അടുത്ത് ഈ വിദ്യയ്ക്ക് വേണ്ടി ഒരു ബ്രാഹ്മണൻ ചെന്ന് ആ കഥ ഉപൻഷത്തിൽ അപ്പോൾ ആ പറയുന്നു ക്ഷത്രിയനായ രാജാവ് പറയുന്നു ഈ ഇത് ഇതുവരെ ബ്രാഹ്മണൻ തൈകിപ്പോയിട്ട് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞുതരാം എന്തായാലും ചോദിച്ചേ എന്ന് പറഞ്ഞ് പറഞ്ഞോളൂ രീതിയിലും പറഞ്ഞുകൊണ്ട് ഇപ്പം വിവസ്വത ഗുഹ്യം പ്രോക്തമയം യുവസ്വാൻ മനവേക്ഷേ ബവേ പരമ്പരാതീ രാജർയോ സലേ രഹമാരന്ത പരമ്പരയായിട്ട് വന്നു ഇത് എന്തെങ്കിലും ഏവം പരമ്പരാപ്രാപ്തമുണമെന്ന് രാജക്ഷിയോ രാജക്ഷിമാരെന്ന് പറഞ്ഞു ക്ഷത്രിയന്മാരാണ് തീരയില് ഒന്നിട്ടവണ ഇത് ആവർത്തിക്കുന്നു ടി പുനർ ബ്രാഹ്മണ പുണ്യ ഭക്ത രാജക്ഷയസ്ത ബ്രാഹ്മണർ മാത്രമല്ല രാജശ്രീ ക്ഷേത്രീരിമാരെയും ഇല്ല അവരെ സ്വീകരി അവരനുഷ്ഠിച്ചും വരുന്നുണ്ട് അനുകൾ അസുഖ ലോകം പ്രാപ്യ ഭുജസ്തുമാ അതുകൊണ്ട് ഗീതയെന്നുപദേശിക്കുന്ന ആളുമാണ് നമുക്ക് ക്ഷത്രിയമാണ് അവിടെ അധികാരികൾ വരുന്ന ക്ഷത്രിയാണ് അപ്പൊ ഗീത എന്ന് പറയുന്നത് ആ പഴയകാലത്ത് തുടർന്നു വന്ന രാജവിദ്യ ക്ഷത്രിയ വിദ്യയാണ് ക്ഷത്രിയന്മാർ ഉപദേശിച്ചു കൊണ്ടിരുന്നതാണെന്ന് പറയും പിന്നെ ഗീതാതിന്റെ ക്ഷത്രിയന്മാരെ മാത്രമാണ് അതിൻ്റെ അവകാശിയായി ബ്രാഹ്മണനും അതിന്റെ അവകാശമാണ് കാരണം പഴയകാലത്ത് അതിന്റെ അവകാശങ്ങൾ തീരുമാനിക്കുന്ന ഏത് ജാതി നോക്കി രാജവിദ്യ രാജഭുദ്ധിയും പവിത്രം ഇതുമൊത്തുന്നു ഇവിടെ രാജവിദ്യ എന്ന് പറഞ്ഞ് രാമാനുരാചാര്യ അതിന്റെ പഴയ വ്യക്തം എന്താണ് വിദ്യാ നാം രാജ വിദ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ള വ്യാഖ്യാനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ രാജ രാജ് പറയുന്ന വിദ്യ എന്ന് വെച്ചാൽ രാജ്ഞ വിദ്യ ക്ഷത്രിയന്മാരുടെ വിദ്യ എന്ന് തന്നെ വ്യാഖ്യാന പൂർവക്ഷം വരുന്നു ക്ഷത്രിയന്മാരുടെ വിദ്യ എന്ന് വെച്ചാൽ ഇന്ദന സമാനം പറഞ്ഞാൽ ക്ഷത്രിയന്മാർ വളരെ ഉദാരബുദ്ധയും വിശാല ബുദ്ധിയോന്നുണ്ടാവും കാരണം അവരുള്ള വിദാനവും അത് കൊണ്ട് അങ്ങനെ തന്നെ വ്യക്തി രാജവിദ്യ എന്താണ് എന്തോ വിദ്യ എന്ന് തന്നെ വെക്കാൻ ഇവിടെയും ും ക്ഷത്രിയനാണ ക്ഷത്രിയ വിദ്യ പഴയ രീതി അനുസരിച്ച് പറയാധുനിക കപട വ്യാഖ്യാതാക്കളുടെ രീതി അനുസരിച്ച് അപ്പോ രാമാർ അങ്ങനെ വ്യഖ്യാപിക്കാനുണ്ടോ കാരണം ഇത് ക്ഷത്രീയ വിദ്യ എന്ന് സ്വീകരിക്കുന്ന കുഴപ്പമില്ല അതൊരു ഉദാരന്മാരാണ് കാരണം പണ്ടൊരു ക്ഷത്രിയന്റെ കയ്യിരുന്ന വിദ്യ ബ്രാഹ്മണൻ ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞുകൊടുത്തു എന്നിതിന്റെ കൃത്രിമം കാണിച്ച ആരാണ് ശങ്കരാചാര്യനാണ് അതുകൊണ്ട് രാമാനുജന്റെ വ്യാഖ്യാനവും പറയുന്നു വ്യാഖ്യാനിക്കുന്നവർ സഹൃദയന്മാരായിരുന്നു ഇന്ന് അസൂയ ഇല്ലാത്തവരെ ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടില്ല നമുക്ക് ഊഹിക്കാം ഇതാരുടെ കാര്യമാണ് പറയുന്നത് വ്യാഖ്യാതാക്കളുടെ അസൂയ ഇല്ലാത്തവരായിരിക്കും രാജവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഉപദേശിക്കണത് ക്ഷത്രിയന്റെ വിദ്യ എന്ന് പറഞ്ഞാൽ ആർക്ക് അസൂയ തോന്നുന്നു ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല ബ്രാഹ്മൻ രാജാര്യെന്ന് ബ്രാഹ്മണനാണ് പുള്ളിക്കത് പറയുന്ന മാത്രമല്ല ശ്രീധരാജൻ പുള്ളിയും ബ്രാഹ്മണനാണ് പുള്ളിയും പറഞ്ഞത് ക്ഷത്രിയന്മാരുടെ വിദ്യ അഭിനവഭുക്തൻ അദ്ദേഹത്തിനും പ്രശ്നമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞെന്താണ് ക്ഷത്രിയന്മാരുടെ വിദ്യ രാജബുദ്ധ്യം ക്ഷത്രിയന്മാരുടെ രഹസ്യ വിദ്യയാണ് എവർക്കാർക്കും പ്രശ്നമില്ല ആകെ ഇത് പ്രശ്നമായിട്ടുള്ള ആർക്കാണോ ശങ്കരാചാര്യ എന്ന പേരല്ല യഥാർത്ഥികൾ ഇത്രയും കുശമ്പും ഇതുമൊക്കെ ഉള്ളതാണ് സങ്കരായകർ എന്ന് പറഞ്ഞ മികച്ച ബ്രാഹ്മണ ജാതി ബ്രാഹ്മണ ജാതിപ്പെട്ട വേറെ ആചാര്യന്മാരെല്ലാം ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു അവർക്കൊന്നും പ്രശ്നമില്ല സങ്കരായകർക്ക് വലിയ പ്രശ്നമില്ല അതുകൊണ്ടാണ് ഉപനിഷത്തു വ്യാഖ്യാനിച്ചത് ഇനി ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് വന്ന് ഈ വിദ്യ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലും അവിടെ ഗുരു ആരായിരിക്കണം വിദ്യ സ്വീകരിക്കുന്നു മാത്രം നമ്മുടെ ചരിത്രത്തില് ഏറ്റവും സ്ഥല വിദ്യ സ്വീകരിക്കുന്നവൻ ഗുരു വിദ്യ ഉദ്ദേശിക്കുന്നവൻ ശിഷ്യ എന്തുവരെ യാതൊരു ലജ്ജയും ഇല്ലാതെ വ്യാഖ്യാനിക്കാൻ മടിയില്ലാത്ത ആളാണ് അവര് അവര് പേര് പറയാൻ പോലൊന്ന് പേടിയാണ് ആ ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ നാരങ്ങും പുറത്തായി കളയുമെങ്കിൽ പോട്ടെങ്കിൽ ഇത് ഒരു പ്രസംഗതയാണ് ഇതാണ് അതിന്റെ സത്യം നമ്മൾ ഇത് സത്യത്തെ കുറിച്ചാണ് രാജവിദ്യാ രാജകുമാരുടെ വിദ്യയാണ് ഇവിടെ പ്രത്യേകം പറയുന്നു രാജസ് പൂർവം ഉണ്ടായിരുന്ന വിദ്യ ക്ഷത്രിയന്റെ ആയാലും ബ്രാഹ്മണന്റെ ആയാലും എനിക്കൊന്നുമില്ല എനിക്കത് ആരോടും പ്രത്യേകിച്ച് ഇതിന്റെ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്നുള്ള പറയുന്നു ആർക്കായാലും എനിക്കെന്താ ഞാനിത് രണ്ടിനും പെടുന്നയാളാണ് ഇതുകൊണ്ട് എനിക്ക് ലാഭവും നഷ്ടവും വരാനില്ല എന്റെ പേഴ്സണലായ കാര്യം എന്തെ ദുർവ്യാഖ്യാനങ്ങൾ ഏതൊക്കെ ഒഴിക്കാ പോകുന്നു എത്രയോ ആചാര്യന്മാരത് അംഗീകരിക്കുന്നു രാജവിദ്യ രാജാക്കന്മാരുടെ വിദ്യ ഞങ്ങള് കേട്ടില്ല ആ വിദ്യകളിൽ വച്ച് ശ്രേഷ്ഠമായ വിദ്യ നീ വ്യാഖ്യാനിച്ച ക്ഷത്രിയന്റെ വിദ്യ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് ഇനി അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് അവിടെ പ്രശ്നവും ഉണ്ട് വിദ്യ എന്ന് വ്യാഖ്യാനിക്കാതെ വിദ്യാനാ രാജ എന്ന് സമാസത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിന് പരിഹാരം വ്യാകരണം പറയുന്നത് എല്ലാ അസംബന്ധങ്ങളും ശരിയാകുന്നതാണ് പക്ഷെ പ്രശ്നം അവിടെയുണ്ട് രാമാനുചാചാര്യത്ത് പറയുന്നത് കാരണം ഷഷ്ടി സമാസം എന്ന് പറഞ്ഞാൽ ഉപസർജനം പൂർവം പ്രഥമ നിർദ്ദിഷ്ട സമാസ ഉപസർജനം പഠിച്ചിട്ടുള്ളവർ ലേഖനം പഠിച്ചിട്ടുള്ളവരാണ് എല്ലാവരും അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല ശബ്ദം പരത്തിക്കൊണ്ടുവരിക അപ്പൊ പിന്നെ അവിടെ രാജബ്രന്ധാ ദുഷപ്പരെന്നുള്ള നിയമം അനുസരിച്ച് അതൊക്കെ തലതിരിഞ്ഞ ഏർപ്പാടുകളാണ് ആ ഗതിക ഗതിന്യായമനുസരിച്ച് വേണ്ടി ഒന്നാ ചെയ്യേണ്ട കാര്യങ്ങളാണ് മറ്റേ നിവർത്തിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ ആശ്രയിക്കേണ്ടി വരും മറ്റ് അതൊക്കെ സ്വീകരിക്കുന്നു അങ്ങനെ വയ്ക്കേണ്ടിയിരുന്നു മറിച്ച് രാജ്ഞാൻ വിദ്യ ക്ഷത്രിയന്റെ വിദ്യയാണ് രാജർഷയോഹിതവും ഭഗവാൻ തന്നെ പറയുന്നത് രാജർഷിമാരെയ്യുന്നതായിരുന്നു എന്നൊക്കെ വ്യക്തമായി പറയുമ്പോൾ പക്ഷെ ഇത്രയും എന്ന് പറയുന്നത് എന്താ ഒരു ദോഷവും പക്ഷെ അത് സമ്മതിക്കാൻ വയ്യാറുണ്ട് എന്തെങ്കിലും വിദ്യകളിൽ ശ്രേഷ്ഠമൊന്നും തിരിച്ച് വ്യാഖ്യാനിച്ചു അതാണ് രാമാനുജ എന്റെ വ്യാഖ്യാതവും പറയുന്നത് ിക്കുന്നവർക്ക് അസൂയ പാടില്ല ആരുടെ ആണോ മനസ്സിലാണ് അസൂയ ഇരിക്കുന്നതെന്നും പറയുന്നത് ഇനി അസൂയുണ്ടെന്ന് വെച്ചാൽ വലിയ പ്രശ്നമാണ് കാരണം വ്യാഖ്യാതാവിന്റെ മനസ്സിൽ അസൂയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണോ ചിത്തശുദ്ധിയില്ലെന്നാണ് ചിത്തശുദ്ധി ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണോ ജ്ഞാനമില്ലെന്നാണ് ജ്ഞാനം ഇല്ലെങ്കിൽ എന്റെ അർത്ഥം എന്താണോ മോക്ഷം ഉണ്ടെന്നാണ് ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും ഒക്കെ ആരോപിക്കണം വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ പറയുന്ന അസുഖയുണ്ട് സാമാന്യരാതിന്റെ വ്യാഖ്യാതകം പറയുന്നു അതുകൊണ്ട് എന്താണ് അവിടെ തന്നെ പറയുന്നു വ്യാഖ്യാതകം എന്ന് പറഞ്ഞാൽ സഹൃദയനായിരുന്നു സഹൃദയൻ എന്ന് പറഞ്ഞുണ്ടാവും നല്ല മനസ് എന്നിട്ട് പക്ഷപാധിത്വം ഇല്ലാത്ത മനസ്സ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം അതുപോലെ പറയും തിരിച്ചും മറിച്ചു വ്യാഖ്യാനിച്ചിട്ട് ആരെയും ഒക്കെ വലുതാക്കുക ആരെങ്കിലുമൊക്കെ ചെറുതാക്ക അതൊന്നും ശരിയായ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സാധിക്കുന്നത് എപ്പോഴും ഓർമ്മയും വ്യാഖ്യാനിക്കുന്ന എന്തെങ്കിലും ആരെയും ഏതെങ്കിലും തത്വശാസ്ത്രത്തെ ന്യായീകരിക്കാൻ വേണ്ടിയ വ്യാഖ്യാനത്തിൽ സത്യബുദ്ധിയെ മുൻനിർത്തിയ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതെന്ന് പറയുന്നത് എന്താണ് സത്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണമെന്ന് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന സത്യത്തെ മുൻനിർത്തി തന്നെ വ്യക്ത ആത്മീയതാന്ന് പറയുന്നതിന് അർത്ഥമൊന്നും കപ്പട്ടഹൃദയനായി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എല്ലാ ദോഷവും പിന്നെ ചിത്തശുദ്ധിയില്ലാതെ ജ്ഞാനമുള്ളിൽ ഉണ്ടാകാതെ മോക്ഷമില്ലാതെ അപ്പൊ ഈ പാണ്ഡിത്യം ഉള്ളതുകൊണ്ട് മാത്രം വിശേഷിച്ച കാര്യമൊന്നും പാണ്ഡിത്യം എന്ന് പറയുന്നത് ദുർബുദ്ധികൾക്കും ഉണ്ടാവും അതിന് ഹൃദയസന്ധ്യമായിട്ട് ബന്ധമൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഹൃദയം ലക്ഷ്യം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യാഥാർഥ്യമാണ് രാജസ്വർണ്ണീത ആ രാജാക്കന്മാരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാര്യമാണ് പറഞ്ഞിതാന്ന് പൊതുവായും ഇത്തരം വാക്കുകൾ ഒരു രാസങ്ങളിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് അത് നടന്നിരുന്നത് ലോകത്ത് ഈ ഒരു വിദ്യ എന്താ അപ്പൊ ഈ വിദ്യയെങ്കിലും പറയാൻ എന്താ കാര്യം എന്താണ് പറയുന്നത് അതിൻ്റെ പ്രധാനമായി വരുന്നൊരു ഭാഗം അത് അഭിനവഗുപ്താചാര്യം പറയുന്നു ഇത് ജനഗനം പോലുള്ള ആൾക്കാരിലാണെങ്കിലും ചെയ്യുന്നതിന് ജനകനാരോ ക്ഷത്രിയനായിരുന്നു രാജാവ് ആയിരുന്നു പൊതുവേ രാജാവെന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാണ് പറയുന്നതാണ് മറ്റ് ജാതികളിലും രാജാക്കന്മാരുണ്ടായിരുന്നു ഇല്ല എന്നുള്ള അർത്ഥമാണ് പക്ഷെ അന്നത്തെ അനുസരിച്ച് രാജാവ് എന്ന് പറഞ്ഞാൽ ക്ഷത്രിയം ക്ഷത്രിയോ അത് പ്രാമുഖ്യം അല്ല ഇനി മറ്റേതെങ്കിലും രാജാവാണെങ്കിൽ അവിടെ എടുത്തു സൂത്ര രാജാവാണ് അല്ലെങ്കിൽ ബ്രാഹ്മണരാജാവ് അതെടുത്തു പറയും അല്ലാതെ രാജാവ് എന്ന് പറഞ്ഞാൽ നക്ഷത്രീയ രാജാവ് അപ്പോ അതിനൊക്കെ ആചാരം പറയും രാജഭ്യം എന്നുകൊണ്ട് പറഞ്ഞു ഇത് ജനകനം പോലെയുള്ളവരും ഇവിടെ രഹസ്യ വിദ്യസ്യം തടസ്സം നമ്മൾ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് ഈ രാജാക്കന്മാരെന്ന് പറയുന്നത് എന്താ ആരുടെ പ്രത്യേകത എന്താണ് കേട്ടില്ല കർമ്മ ആ അത് അതായത് ഏത് കർമ്മമായാലും ശരി വൈദിക കർമ്മമായാലും ശരി ഇനി ക്ഷത്രിയം ചെയ്യുന്ന രാജ്യഭർമ്മം പോലെയുള്ള കർമ്മങ്ങളായാലും ശരി യുദ്ധമായാലും ശരി ക്ഷത്രിയൻ ആണ് കർമ്മത്തെ നിൽക്കുന്നത് ഗീതം മുഴുവൻ ആവർത്തിച്ച ആവർത്തിച്ച് പറയുന്നത് എന്താണോ കർമ്മത്തെക്കുറിച്ചാണ് കാര്യമേവർ ഏറ്റവും വ്യവസ്ഥയും എന്നാ പറഞ്ഞു എന്താണ് നിരന്തരം കർമ്മത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ കർമ്മം ചെയ്യുന്നവനാണ് കർമ്മം ചെയ്യുന്ന നക്ഷത്രീയനാണ് അന്നത്തെ വ്യവസ്ഥയായി വൈദിക നക്ഷത്രീയത്തിന് വേണ്ടിയാണ് ഇവിടെയും പറയുന്നു ക്ഷത്രിയന്മാർ പരിത്രം തമ്മിലടിച്ച് നശിച്ച് ദുഃഖിച്ചപ്പോഴാണ് എനിക്ക് പോലീസ് സന്യാസത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതിന് വീതി തന്നെ പറയുന്നു നവദ്വാരേ പോലെ ദേഹി നൈവുറവെന്ന നമേ കർമാണി നിബന്തി നമേ കർമ്മഫലേ ഇതാണ് സന്യാസി സർവകർമ്മത്യാഗം വീതി പറയുന്നുണ്ടാവും കുറവില്ല നിത്യതെ ഇതാണ് സന്യാസം മുഖ്യമായ സന്യാസം അപ്പൊ അങ്ങനെ വരുമ്പോൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക കർമ്മത്തിൽ നിന്ന് മോചനമില്ലാതിരിക്കുക എന്നാൽ അവൻ സന്യാസിയുമായി അപ്പൊ സന്യാസം അവിടെ മുഖ്യമായിട്ട് വേണം ചില ഭാഗങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ ബാഹ്യമായ കർമ്മത്തിന്റെ ത്യാഗം എന്ന് വ്യാഖ്യാനിക്കാം എന്നാലും ഞാൻ അവന്റെ പ്രധാന ആശയം പറയും പ്രധാന ആശയം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു ഇവിടെ പറയുന്നു എന്താണ് ആന്തരികമായ സന്യാസം മനസ്സിന്റെ സന്യാസം കുറിച്ചാണ് മനുഷ്യർക്കെല്ലാവർക്കും ആചരിക്കാൻ പറ്റിയൊന്നും സന്യാസം എന്താണ് മാനസികമായ സന്യാസം ആന്തരികമായ പിന്നെ സങ്കരാ വളച്ചു വളച്ചെന്താക്കി ബാഹ്യസന്യാസമാണ് ഈ ബാഹ്യസന്യാസം സങ്കര പറഞ്ഞ അപ്രായോഗികമായ ബാഹ്യസന്യാസം കേട്ടിട്ട് കുറെയുള്ളെങ്കിൽ തലയും മോട്ട് കഴിഞ്ഞ് ഭാമിയും കൊടുത്ത് സ്വാമിമാരെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തെയ്യുന്നു എന്താ ചെയ്യുന്നു ഞാൻ കർമ്മം ചെയ്തു എന്നിട്ട് എന്താ ചെയ്യുന്നു കർമ്മമാൻ ചെയ്യുന്നു എന്താണ് സന്യാസം എന്താണ് കർമ്മം ഇതിന്റെ കൺഫ്യൂഷൻ ജീവിക്കുകയും ചെയ്യും ഗീതയിൽ അതന്നെ പറയുന്നു ഗീതയിൽ എവിടെയെങ്കിലും മുട്ടയടിക്കാൻ പറയുന്നുണ്ട് ഉണ്ടോ സന്യാസം എത്രയും സ്ഥലത്ത് പറയും എവിടെയെങ്കിലും കാലുകൊടുക്കാൻ പറയുന്നുണ്ടോ ഉണ്ടോ ഇതിനെതിരായി ഗീത് പഠിച്ച ഒരു ഭാവി മുട്ട നീക്കണം അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ശങ്കരാനൊക്കെ എഴുതി വെച്ചു അതിനപ്രാധി വേറെ കാര്യം അപ്പൊ ഇത് ക്ഷത്രിയന്മാർക്ക് വേണ്ടി പറഞ്ഞത് കർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഗീതയിൽ മുഴുവൻ ആദ്യന്തം പറയും അവർക്കാണിതെല്ലാം യോജിക്കുന്നത് യോഗം അവർക്ക് യോജിക്കും എന്താണ് കർമ്മം യോജിക്കും ജ്ഞാനം യോജിക്കും പിന്നെ ഭക്തി യോജിക്കും എല്ലാം അവർക്ക് യോജിക്കും ഭക്ത ആരാകർഷക ഭക്തി ആർക്ക് വേണ്ടിയിട്ട് അവർ ഇത് പറഞ്ഞു ഭക്തിമാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ജാതി തിരിച്ച് തന്നെ പറയുന്നത് അത് അന്നത്തെ രീതി അനുസരിച്ച് പറയുന്നു അങ്ങനെ പിന്നെ ഗുണം തർമ്മം അങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങളില്ല ജാതി അങ്ങനെ പറഞ്ഞോട്ടെ പറഞ്ഞാൽ തന്നെയും അവരുടെ ഒരു യാഥാർത്ഥ്യം അല്ലാതെ ജാതി തിരിച്ചല്ല ഗുണമനുസരിച്ചാണെങ്കിൽ അങ്ങനെയാണ് ണൻ വിദ്യക്ക് വേണ്ടി ക്ഷത്രിയന്റെ അടുത്ത് എങ്ങനെ പോകും ഗുണമനുസരിച്ചാണെങ്കിൽ ഗുണം അനുസരിച്ചാണെങ്കിൽ പറയണെങ്കിൽ ആ വിദ്യ ഉപദേശിക്കുന്ന ക്ഷത്രിനാവും ആവും വിദ്യ ഉപദേശിക്കുന്നവനാരും ആ വെളിവും ഇല്ലാത്ത കുറേ വിദ്യ ഉപദേശിക്കുന്നവൻ ആരാവും ബ്രാഹ്മണനാകും ക്ഷത്രിനാവും ബ്രാഹ്മണനില്ലാകും വിദ്യ സ്വീകരിക്കാൻ പോകുന്നവനും ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റും വിദ്യ കൊടുക്കുന്നവനാണ് ബ്രാഹ്മണൻ ഗുണമനുസരിച്ചാണ് കാരണം ഞാനത് ബ്രഹ്മാണ് ബ്രാഹ്മണൻ പക്ഷെ ഉപനിഷത്തിലെന്താ പറയുന്നത് ഉപനിഷത്തിൽ പറയുന്നത് വിദ്യ സ്വീകരിക്കാൻ പോകുന്നവൻ ബ്രാഹ്മണനും വിദ്യ ഉപദേശിക്കുന്നവൻ ക്ഷത്രിയനും അപ്പൊ അവിടെ ബ്രാഹ്മണൻ നക്ഷത്ര ഗുണമനുസരിച്ചാണോ പറഞ്ഞിരിക്കുന്നത് ആണോ പിന്നെ എന്തനുസരിച്ച് പറഞ്ഞു ജന്മനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സ്പഷ്ടമല്ലേ തീരുമാനിക്കാൻ പറ്റും ഗുണമനുസരിച്ച് നിന്ന് തീരുമാനിക്കാൻ പറ്റും അങ്ങനെയാണ് നടക്കും അങ്ങനെ ചിലടത്തൊക്കെ അർത്ഥപദപരമായിട്ടും പറയുമതാണ് ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്നൊക്കെ പറയും അത് ഈ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ ബ്രഹ്മചാരി എന്നൊക്കെ പറയുന്ന പോലെ അർത്ഥവാദങ്ങളാണ് യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ അതുപോലെ ഇവിടെ വിദ്യ ക്ഷത്രിയന്മാരിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗുണമനുസരിച്ചാണ് പറയുകയാണെങ്കിൽ വിദ്യ ഉള്ളവൻ ക്ഷത്രിയനാകത്തില്ല അവൻ പിന്നെ ആരായിരിക്കും ബ്രാഹ്മണോ അവൻ വിദ്യ ക്ഷത്രിയനെന്നിങ്ങനെ പറയാൻ പറ്റും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വിദ്യ എന്താണ് പൂർവം രാജസുവർണിത അധ്യാത്മവിദ്യ അധ്യാത്മവിദ്യ ക്ഷത്രിയന്മാരിനാണ് നിലകുന്നത് അധ്യാത്മവിദ്യ നിലനിന്നിരിക്കുന്നവരു ക്ഷത്രിയനാകും നിങ്ങൾ ഗുണമനുസരിച്ചാണ് ക്ഷത്രിയത്വത്തെ പറയണെങ്കിൽ അധ്യാത്മവിദ്യ എവിടെ നിലനിർത്തുള്ളൂ ബ്രാഹ്മണനെ നിലനിർത്തുക ഇവിടെ ക്ഷത്രിയനെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അപ്പൊ ജാതി അനുസരിച്ച് തന്നെ ഇതൊക്കെ മാറി മാറി നിന്നത് ഈ വിദ്യ ബ്രാഹ്മണനും നിന്നിട്ടുണ്ട് ക്ഷത്രിയനിലും നിന്നിട്ടുണ്ട് പഴയകാലം വൈശ്യനും നിന്നിട്ടുണ്ട് ശൂദ്രനും നിന്നിട്ടുണ്ട് ചണ്ടാകളിലും എല്ലായിടത്തും നന്നിട്ടുണ്ട് വിദ്യക്കെങ്ങനെ ഇന്നടത്തേ ശങ്കരാചാര്യനെ കൃത്രിമമായി വ്യാഖ്യാനിച്ചിട്ടാണ് ഇതിലൂടെ കൊണ്ടുവച്ചത് ബ്രാഹ്മണനെ കൊണ്ടുവച്ചത് അതിലൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് പോട്ടോ രാജവിദ്യ രാജമുഹ്യം അധ്യാത്മജ്ഞാനമുണ്ട് ഗീതന്ത് രാജവിദ്യ രാജമുഹ്യം പവിത്രമീത മൊത്തവും അതിനെക്കൊണ്ട് അല്പമൊന്നും മാറ്റി അധ്യാത്മജ്ഞാനമൊത്തമൊന്നാണ് ഇത്രയുള്ള ഈ വിദ്യാത്വ രാഘവ രാജാനുള്ള പ്രത്യേകം പറഞ്ഞു ഈ വിദ്യ അറിഞ്ഞിട്ട് രാജാനഹ ദുഃഖതാംഗതാഹ രാജാക്കന്മാരുടെ ക്ഷത്രിയന്മാരെ പരമമായ മുക്തിയെ പ്രാപിച്ചു നിർദുഃഖതയെ പ്രാപിച്ചു ക്ഷത്രിയന്മാർ പ്രാപിച്ചു അത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ് അതീതേഷുരാജസ്വ പല രാജാക്കന്മാരും കടന്നുപോയ അങ്ങനെ കടന്നുപോയപ്പോ ബഹുഷു അമല കീർ കീർത്തിമാന്മാരായ രാജാക്കന്മാർ വേണമെങ്കിൽ നമുക്ക് എന്താണ് ജനേന ഉൾപ്പെടുത്താം <highgli> ും ജനകൻ എന്ന് പറയുന്നത് രാമന്റെ ഭാര്യ പിതാവിന്റെ എങ്ങനെ കടന്നു പോകും ഉപനിഷത്തുള്ളൊരു ജനകനുണ്ട് അത് കടന്നുപോയതാ അവിടെയൊരു ജനകനുണ്ട് ഇവിടെയും ഈ കാലത്തിന് പോലെ ജനങ്ങളുണ്ട് പല ജനകന്മാരുണ്ട് ഇപ്പൊ പല കീർത്തിമാന്മാരായ രാജാക്കന്മാരും അങ്ങനെ കീർത്തിമാന്മാരായ ഈ വിദ്യ കൊണ്ട് കീർത്തിയമാന്മാരായ പല രാജാക്കന്മാരും രാജസ്വം ക്ഷത്രിയന്മാരും കടന്നുപോയി അസ്മാൻ ദശരഥാമരാജയ്ക്ക് കമിക്കാൻ നീ ഇപ്പോ ഈ ഭൂമിയിൽ ഈ ദശരഥന്റെ പുത്രനായി ജനിച്ചിരിക്കുന്നു വീണ്ടും ക്ഷത്രിയേക്ക് എനിക്ക് പോവുകയാണ് പറയാം ക്ഷത്രിയനെ ഉപദേശിച്ചു ക്ഷത്രിയയിലെ നിമിത്തമാക്കി എല്ലാവർക്കും വേണ്ടി ഉപദേശിച്ചു എന്നൊക്കെ വയ്ക്കാനിക്കാതൊന്നും ദോഷമില്ല പക്ഷെ ഇപ്പോഴും അത് ക്ഷത്രിയ പരമ്പരയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് അത് ഗീതയിലനുസരിച്ച് ഇവിടെ വാസേഷത്തിലും കഥയനുസരിച്ച് കഥയാണ് ഇവിടുന്ന് ചരിത്രമല്ല കഥയനുസരിച്ചാണ് ഈ പറയുന്നത് പരമ്പരയുടെ കാര്യങ്ങൾ ജാതി ചരിത്രമാണ് ഇത് കഥയാണ് തീർച്ചയായിട്ടും ിലൂടെ ഉറപ്പിക്കുകയാണ് കഥകൾ മാത്രമല്ല അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ സ്മൃതികൾ തന്നെ എഴുതിയിരിക്കുന്നത് പതിനെട്ട് സ്മൃതികൾ പ്രസിദ്ധമായ പതിനെട്ട് സ്മൃതികൾ ഒറ്റപ്രസ്ഥമായിട്ട് ഈ പതിനെട്ട് സ്മൃതികൾ ജാതിയെ സമർപ്പിക്കാൻ വേണ്ടി മനുസ്മൃതി കൂടാതെയുള്ള പതിനെട്ട് സ്മൃതിയാണ് കേട്ടോ മനുസ്മൃതികളിൽ ചേർന്നും പത്തുണ്ടാകും ജാതി ഉറപ്പിക്കാൻ വേണ്ടി എത്തിയ കാലം എല്ലാത്തിനെയും മാറ്റി ജാതി എന്ന് പറയുന്ന എൻ്റെ പ്രശ്നം ബ്രാഹ്മണൻ എന്നോ ക്ഷത്രി എന്നോ വൈദ്യോ സൂര്യനോ എന്ന് പറയുന്നിടത്ത് എന്റെ പ്രശ്നം എന്തെന്താണോ അതിന്റെ പേരിൽ ഉച്ചനീതിത്വങ്ങളും മനുഷ്യന്റെ അവകാശങ്ങളെ നിഷേധിക്കും അവസര സമത്വം ഇല്ലാതാകുകയും വിവേചനങ്ങളെ വളർത്തുകയും പ്രശ്നം ജാതി എന്ന് പറയുന്നത് പ്രശ്നമുണ്ട് അതിനുവേണ്ടി ദുരന്തങ്ങളുണ്ടാക്കുക നമ്മുടെ ഇന്നത്തെ ഭരണകളിലെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും അവിടെയാണ് അതിനാണ് ശരിയല്ല ഞാൻ പറയും അത് എവിടെ കാണുന്നു ഇവിടെ എന്തുകൊണ്ട് ഇന്നും അതൊക്കെ കൊണ്ടു തുടങ്ങുന്ന ഒരുപടി മനുഷ്യരുണ്ട് ഒരുപാട് പേര് മാറി പക്ഷെ കുറച്ച് പേരുടെയൊക്കെ മനസ്സിലിരുന്നു അത് അതുകൊണ്ടത് പറയേണ്ടിയിരുന്നു ഇല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല നാളെ ഏതൊക്കെ പറയേണ്ടി വിവരത്ത് നാളെ ഏതൊക്കെ മനുഷ്യർ മരിച്ച ദൂരത്തുണ്ട് തവ ജ അതിപ്രസന്നെ അശ്വിൻ ജാതം മനസ്സിൽ നിർനിമിത്തം കാര്യമർദ്ധന അതിപ്രസന്നെ അശ്വിൻസിൽ വളരെ പ്രസന്നമായിരിക്കും നിന്റെ മനസ്സിൽ എന്തെയ്തു പാവനം നിർനിമിത്തം ചാരു വൈരാഗ്യം ഇതം വൈരാഗ്യം എവിടെ പോയി ജാതം ആ വൈരാഗ്യത്തെ വിശേഷിപ്പിക്കുക ചാരു വൈരാഗ് മനോഹരമെന്നോ ശ്രേഷ്ഠമെന്നോ യുക്തമെന്നോ ഒരു ക്രിയാവിശേഷണമാണ് യോഗ്യമെന്നൊക്കെ അടുത്തു പറയാം നിർനിമിത്തമില്ല അതാണ് ഇവിടെ പ്രധാനപ്പെട്ടത് രാമന്റെ ഉള്ളിൽ ഉണ്ടായത് നിർനിമിത്തമായ വൈരാഗ്യം ആ നിർനിമിത്തം എന്ന് പറയുന്നത് മുമ്പോട്ടികൾക്ക് അതായത് മനുഷ്യന്റെ മനസ്സിൽ വൈരാഗ്യം ഉണ്ടാകുക ലൗകിക ജീവിതത്തോട് ഒരു വിരക്തി ഉണ്ടാകുക എന്ന് പറയുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായത് നിറനിമിത്തമായ വൈരാഗ്യമാണ് കാരണം അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാകുന്നതിന് പല നിമിത്തങ്ങളും ഉണ്ടാകും അതുകൊണ്ടുള്ള വൈരാഗ്യം മോശം എന്നുകൂടെ പറയുന്നില്ല ഉദാഹരണം പറഞ്ഞ ജീവിതത്തിൽ പരാജയമാണ് പരാജയം നിരാശ വിഷാദത്തിലേക്ക് നയിക്കും തുടർന്ന് വൈരാഗ്യം വരി ഇതുപോലെ എന്താണോ ജീവിതത്തിന്റെ നിഷേധാത്മകമായ വശങ്ങളെല്ലാം നിരാശ വിഷാദ വൈരാഗ്യോടകൊള്ളത്തി അപമാനം ഉണ്ടായി അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൽ പൊരുത്ത കേടുകളുണ്ട് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നു ആരോടാണ് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടതെന്ന് അവരോട് പൊരുത്തപ്പെടാൻ കഴിയാതെ കുടുംബത്തോട് സമൂഹത്തോട് സുഹൃത്തുക്കളോട് ബന്ധുക്കളോടെല്ലാം അതെല്ലാം ചെയ്യുന്നു മനുഷ്യന്റെ മനസ്സിലാദ്യം ഉണ്ടാക്കുന്ന ഒരു നിരാശ നിരാശാശയില്ലാതെ എന്തിനോടാശയില്ലാതെ വരുന്നു ഭൗതികമായ ജീവിതത്തോട് ആശയമില്ലാതെ അതിനുള്ള പ്രതീക്ഷകളും ഭൗതികമായി ഇനിയൊന്നും ആർജിച്ചിട്ട് കാര്യമില്ലാത്ത മനസ്സിലാദ്യ കിടന്നു ഇങ്ങനെയാണ് ഒരു വിഷാദം ആ വിഷാദം ചെയ്യുന്നു വിരക്തിയിലേക്ക് ഇങ്ങനെയൊന്നും സാധാരണ കണ്ടുവരുന്നത് ഇവിടെയെല്ലാം എന്താ ഒരു നിമിത്തം രാമൻ ഇങ്ങനെയുള്ള ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്തായാലും ശരി വിരക്കി നല്ലതാണ് വിരക്കിൽ നിന്ന് ക്രമേണ രീതിയിലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ നമുക്ക് വിരക്തി മോശമല്ല ഏത് രീതിയിൽ സംബന്ധിച്ചാൽ പരിഹസിക്കേണ്ട ഒരു കാര്യം പക്ഷെ രാമൻ്റെ ഉണ്ടായിരുന്നില്ല തോന്നെന്താണങ്ങനെ പറയുന്നത് സർവസ്യ സാധോരമി വിവേകിന് വിമിത്തപൂർവം വൈരാഗ്യം കറിയാമ രാജസം പറയുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന എന്താണ് നിമിത്തങ്ങൾ കൊണ്ട് ഞാനീ പറഞ്ഞ നിമിത്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആ വൈരാഗ്യത്തെ രാജസം വൈരാഗ്യം പറയാം കാരണം രജോഗുണം പ്രധാനമായും നിൽക്കുന്ന സമയത്താണ് എന്താണ് വളരെ താല്പര്യം ഭൗതികമായ ജീവിതത്തിൽ മുന്നോട്ട് പോകും ഏത് വളരെ ഔത്സഖ്യത്തോടു കൂടി കർമ്മത്തിൽ താല്പര്യത്തോടു കൂടി ഈ ഭൗതികമായ ജീവിതത്തിൽ എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് ക്രമീണതകൾ അതിനെല്ലാം മാറി എന്താണ് അപ്പോ അങ്ങനെ മാറുന്നതിനൊരു വിവേകം വേണം അതെ അങ്ങനെയും മാറക്കുന്നത് കാരണം അങ്ങനെ ഒരു നിരാശ വരുന്നു നഷ്ടബോധം വരുന്നു നിരാശ വരുന്നു അതുകൊണ്ട് വിരക്തിയിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു വിവേകം ആവശ്യമാണ് അതാണ് പറയുന്നത് സാധുവരമ്പ വിവേകിന് അവൻ സാധുവാണ് നല്ലവനാണ് അതുകൊണ്ടാണ് അവന് വിരക്തി വന്നത് അവന് വിവേകം ഉണ്ടാകൊണ്ടാണ് വിരക്തി വന്നത് പക്ഷെ അവിടെ നിമിത്തം ഉണ്ട് നിമിത്തപൂർവ്വം വൈരാഗ്യം ആകെ രാജസ്വ നിമിത്തപൂർവമാണ് വൈരാഗ്യം ഉണ്ടാകുന്നത് അത് രാജസ്വൈരാഗ്യമാണ് അതിലെല്ലാം സംഭവിച്ചത് രാമൻ അങ്ങനെ അല്ലെന്നാ പറഞ്ഞു ഇതന്തു അപൂർവം ഉത്പന്നം ചമത്കാരം സദ അനിമിത്തം നേരം സത്യം സ്വവിവേകം രാമൻ ഇങ്ങനെയൊന്നുമല്ല സ്വവിവേകചം സ്വവിവേക തന്റെ മനസ്സിലുണ്ടായ വിവേകം മറ്റ് പ്രതികൂലങ്ങളായ നിമിത്തങ്ങളൊന്നും കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുകയും ചെയ്തു ഗുരുവിൻ്റെ ഉള്ളിൽ ഒരു വിവേകമുണ്ടാവും ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരം ഇപ്പോൾ അവൻ്റെ മുന്നിൽ ഒരു ആധ്യാത്മിക വിത്യാസമുണ്ടാവും അപ്പോൾ ഭൗതികമായ ജീവിതത്തോട് ഒരു മടുപ്പ് വന്നു അവിടെ വന്ന് ആത്മീയമായ വിഭേകമുണ്ടാവും ആ വഴിക്ക് വരുന്നതാണ് സാത്വികമായ നിർനിമിത്തം എന്ന് പറയുന്നത് രാജസംങ്ങളൊന്നും ഇണ്ടാ സാത്വികമായ വിവേകം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരാളാണ് ഒരാൾ ഇവിടുത്തെ നമ്മുടെ കഥാപാത്രം നമ്മൾ പറയുന്നത് ഇവിടെ അപൂർവം നിക്കാൻ അപൂർവമായി മാത്രം സംഭവിക്കുന്നത് അപൂർവം എന്ന് പറഞ്ഞാൽ എന്താണ് ദുർലഭമായി സംഭവിക്കുന്നത് വളരെ ദുർലഭമായി മാത്രം ഇങ്ങനെ സംഭവിക്കാ സംഭവിക്കാറ് വിവേകം ചാണ് സത്രുക്കളിൽ കാണുന്നവരത്ഭുതമാണ് അത്ഭുതത്തെ ഉള്ള അത്ഭുതം എന്ന് പറയുന്നത് അവര് ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നു മുക്തിയിലേക്ക് നയിക്കുന്നു അത് കാണാൻ ചമത്കാർ അത്ഭുതമാശ്ചര്യത്തെ ഉണ്ടാക്കുന്നതാണ് അനിമിത്തം വൈരാഗ്യം ഇന്നെന്ത് ചെയ്തു അനിമിത്തമായൊരു വൈരാഗ്യം ഉണ്ടായികം സ്വവിവേകം വിവേകത്തെ കുറിച്ച് പറയുന്നു ഈ ബസ്വം വിഷയം ഓമന വിരജ്യത സദാ ഉത്തമവൈരാഗ്യം വിവേക ഏവജായ അത് നേരത്തെ രാമന്റെ വിവേകത്തെക്കുറിച്ച് പറഞ്ഞു ജീവിതത്തെ വളരെ വിവർച്ചമായിരിക്കുന്നു ഭയപ്പെടുത്തുന്നതായിരിക്കുന്നു അതൊക്കെ ചിന്ത ഉണ്ട് വിവേകം കൊണ്ടാകുണ്ടാകുന്ന വിഷയ ദോഷദൃഷ്ടി എന്നൊക്കെ പറയുന്നതാണ് വിഷയം ദൃഷ്ട ഓ നാമന് വിരജി അങ്ങനെ ഒരു വിവേകം ഉണ്ടായതിനാർക്കാണ് ഈ ഭൗതിക ജീവിതത്തോടെ നിരക്കി ഉണ്ടാകാത്തത് സദാ ഉത്തമ വയലാകുന്ന വിവേകാതി തത്രുക്കളിന് ഉത്തമമായ വൈരാഗ്യം ഉണ്ടാകുന്ന എങ്ങനെ വിവേകം കൊണ്ടുണ്ടാവുന്നു അതൊരു അവൻ്റെ വിവേകമില്ല വൈരാഗ്യമില്ല വിവേകില്ല വൈരാഗ്യമില്ല അത് തന്നെ അതിനെ കുറിച്ച് തരണം പറഞ്ഞിരിക്കുകയാണ് അടുത്തു ഇരുപത്തേഴ് ആവർ ജീവിതത്തിൽ ഞാനങ്ങോട്ട് സ്വവിവേകവചാദേവ വിചാരീനം പുനഃപ്പുന ഇന്ദ്രജാലം പരിത്യാഗ്യാഭ്യന്തരം വരാ വിവേകം കൊണ്ട് വിവേകത്തിന്റെ ഫലം കൊണ്ട് എന്ത് ചെയ്യണം അവിടെ എനിക്കും വിചാരിരീനം പുനഃപ്പുന ഈ പ്രപഞ്ചത്തിന്റെ നിസ്സാരണയിൽ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെയും മുക്തിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് ജ്ഞാനത്തെക്കുറിച്ച് ജ്ഞാനപ്രാപ്തിക്കുന്ന ഉപായങ്ങളെക്കുറിച്ചും എല്ലാം പുനഃ പുനങ്ങൾ നിരന്തരം ചിന്തിച്ച് ഇന്ദ്രജാലും ഇന്ദ്രജാലം എന്ന് പറയും ഈ പ്രപഞ്ചം എന്ന് മനസ്സിനെ മോഹിപ്പിക്കുന്നു മോഹിപ്പിക്കുന്നുണ്ടെന്ന ദോഷം സഫലമാകാത്ത ഒരുപാട് മോഹങ്ങൾ ഉണ്ടാകും അതാണ് നമ്മൾ ഒരിക്കലും ഫലവത്താക്കാത്ത ഒരുപാട് മോഹങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നതാണെന്ന് പറഞ്ഞു അത് ആധ്യാത്മികമായ ജീവിതമായ അത് ആത്മീയത ഗൃഹത്തിൽ ജീവിച്ചാലും ആശ്രമത്തിൽ ജീവിച്ചാലും അതിൽ കൂടുതൽ മോഹങ്ങളാണ് ആശ്രമത്തിൽ എന്തൊക്കെയോ എന്തൊക്കെ നേടണമെന്നാണ് മനുഷ്യൻ നേടും പ്രയാസമുണ്ട് കാരണം പോസ്റ്റുകൾ കൂടിയും കുറവാണ് എല്ലാവർക്കും എത്ര എണ്ണം എത്ര പേർക്ക് നേടാൻ പറ്റും പറ്റത്തില്ല പോസ്റ്റ് വേണ്ട നേടാൻ അപ്പൊ ആശ്രമ ജീവിതത്തിലും എന്താണ് മോഹത്തിലും മോഹഭംഗത്തിലാണ് ആൾക്കാർ കഴിയുന്നത് എന്ന് പറയുന്നത് എന്നോട് വിരോധ വിരോധം തോന്നൽ എന്ന് പറയുന്ന സത്യമാണ് മോഹം മോഹഭംഗങ്ങളിൽ എത്ര പേരും നിരാശ വരുന്നു നിരാശപ്പെട്ട് ചെലവിളിക്കുന്നു വീണ്ടും എന്തെങ്കിലും എന്താണ് ചെറിയ മോഹസാഫല്യം ഉണ്ടാകുമ്പോൾ വീണ്ടും സന്തോഷിക്കുന്നു വീണ്ടും മോഹഭംഗങ്ങൾ വരുത്തും ഒന്നും പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നടക്കുന്നില്ല അതുപോലെ പുറം ലോകം അകം ലോകം എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലാതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ സബാഹ്യാഭ്യന്തരം രണ്ടർത്ഥവും ുള്ളിലും പുറത്തും മറ്റൊന്നെന്താണോ ആശ്രമത്തിനകത്തും പുറത്തും ആശ്രമത്തിന് പുറത്ത് ജീവിച്ചാലും ഇപ്പോഴും ഒരുപാട് മോഹം ആശ്രമത്തിൽ ജീവിച്ചാലും അങ്ങനെയൊക്കെ തന്നെ മനുഷ്യനൊന്നും മാറുന്നില്ല ജീവിത സാഹചര്യങ്ങളെ മാറും ഇവിടെയും അങ്ങനെ ഒരുപാട് മോഹിപ്പിക്കും ഒരുപാട് നിരാശപ്പെടുത്തുകയും ചെയ്യും പുറം അങ്ങനെ എന്നാലും പറയുന്നത് ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണ് എന്താണ് ഒരുപാട് മോഹങ്ങളെ താഴ്വലിച്ച് ജീവിക്കുമ്പോൾ വൃധാഭിമാനിക്കുന്നതാണോ ഞങ്ങളെല്ലാം ദിവ്യന്മാര് യോഗ്യന്മാര് ശ്രേഷ്ഠന്മാരുമാണോ മനുഷ്യങ്ങനെ ധരിക്കുന്നു അധികം ഇതിനൊന്നുമില്ല മനുഷ്യരെല്ലാം ഇത്തരം മോഹം കണ്ടിട്ടു എല്ലാ ദിവസവും പ്രതീക്ഷണം ഓരോന്നും മോഹിക്കേണ്ടു നടക്കുന്നു നടക്കത്തില്ല നടന്നിട്ടില്ല നിരാശ നടന്ന സന്തോഷം ക്ഷണം കൊണ്ട് മാറുന്ന ഈ ക്ഷണികമായ മോഹമോഹഭംഗങ്ങളിലാണ് മനുഷ്യർ എവിടെ മത്സബാഹ്യാഭ്യന്തരം ഉള്ളിലും പുറത്തും കെ തന്നെയാണ് ഇതിനെ നീണം ഇതാണ് ഇതിന്റെ ജാഗ്ര വാസ്തവത്തിൻ്റെ ഒരു അത്ഭുതമല്ല മനുഷ്യൻ ആഗ്രഹിച്ചാലും പ്രവർത്തിച്ചാലും മോഹമുക്തി അതവന് സംഭവിക്കുന്നു അവനറിയു വേണ്ടി ഞങ്ങൾ പതിക്കുന്നവടെ മോഹത്തിലെ ചെറിയ തുച്ഛമായ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു അമിതമായി ആഹ്ലാദിക്കുന്നു അതാണ് മോഹത്തിന്റെ ഇട ചെറിയൊരു പ്രശംസയിൽ അവൻ മതിമറന്നു സന്തോഷിക്കുന്നു അത് സമയം ചെറിയ അല്പമായ അവഗണനയിലും ചെയ്യുന്നു അവൻ നിരാശയുടെ പടമുഴിയിലേക്കുന്നു ള എന്തെങ്കിലും അവരെവിടെയും വിഷാദത്തിലേക്കോ ആശ്രമത്തിൽ ഇതൊക്കെ തന്നെ നടക്കുന്നത് ഏ നമ്മളെ പ്രോത്സാഹിപ്പിക്കണ നമ്മൾ ഉടൻ പോയി വീഴുന്ന പടിയാണ് വിഷാദം എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും അതായത് സ്വന്തം നട്ടലേയും ജീവിക്കുകയാണ് ഒരിടത്തും പഠിക്കുന്നതിൻ്റെ മനുഷ്യൻ നട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കാനറിയ ഇങ്ങനെ എന്താണ് പരപ്രേരണക്കനുസരിച്ച് ഉയരാനും താഴാനും അങ്ങനെയുള്ളൊരു മനസ്സാണ് പഠിച്ചു വരാനും പഠിച്ചെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അറിയില്ല ഇതിന്റെ ആന്തോളനങ്ങളിൽ പെട്ട് ഇങ്ങനെ കൊണ്ടും ചോട്ടും ചാടിയും സ്വസ്ഥതയില്ലാത്ത ജീവിതം എന്ന് പറയാൻ പറ്റുന്നുണ്ട് എന്താണ് ക്ഷണികമായി സ്വസ്ഥതയില്ലത്ത സന്തോഷിക്കും പക്ഷെ അടുത്ത ക്ഷണത്തിൽ എന്ത് വരും മോഹഭംഗം വിഷാദം സന്തോഷം വരുമ്പോൾ ബാക്കിയെല്ലാം മറക്കും വലിയ സന്തോഷമായി വിഷാദം വരുമ്പം അതും മറക്കും പഴയ സന്തോഷം ഇങ്ങനെയാണ് എല്ലാം പോകും എത്രയുകാലമായി ആ ക്രമ എല്ലാവരും അങ്ങനെ തന്നെ നിരാലപമായിട്ട് എൻ്റെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ ഉള്ള ആ ശേഷി ഈ പറയുന്ന മുക്തി എന്താണ് ഇതെല്ലാം എന്താണ് ഇതൊക്കെ മനസ്സിന്റെ ബലമാണ് നമ്മുടെ ഈ മനസ്സിന് അപ്പുറം ഒരു ആത്മാവ് ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നു ഇവിടെ എന്തിനെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നു ജീവൻമുക്തിയാണ് ജീവൻമുക്തി എന്ന് പറയുന്നത് ജീവിച്ചിരുന്നു മനസ്സിനുള്ള ഉറപ്പുണ്ടായി ഇത്തരം ചാഞ്ചര്യങ്ങളിലൊന്നും മനസ്സപ്പെടാതെ അപ്പൊ ഈ പറയുന്ന എല്ലാ ഉപദേശങ്ങളും കൂടെ നിരന്തരം പറയും ഇവിടെ തന്നെ എന്താണ് ഇവിടെ തന്നെ പറയുന്നത് പുനഃ പുനവിചാരിക്കുക നിരന്തരം വിചാരിക്കുക ചിന്തിക്കുക എന്തിനു എന്തിനാണ് ചിന്തിക്കുന്നത് ആത്മാവിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പറ്റും അതൊന്നും ഇവർ ആർക്കും അറിയത്തില്ല എന്താണ് എന്തുകൊണ്ടറിയില്ല മനസ്സോടെയൊക്കെ എല്ലാം കൂടി ചിന്തിക്കുന്ന ഒക്കെ എന്താണോ നന്ദി നമ്മുടെ മനസ്സിന്റെ നിലനിർത്തനെ കുറിച്ചാണ് അതെങ്ങനെ നിലകുന്ന പോലെ നേരിടാഹ്യാഭ്യന്തരം എന്തായാലും ചിന്തിച്ച് ആവശ്യമില്ലാത്തതിനെ തട്ടിക്കളയുന്നു അതിനെ ബലപ്പെടുത്തണം അത് സ്വയം വിചാരിച്ചാലേ നടക്കും മറ്റുള്ളവർക്കൊക്കെ ചെറിയ സഹായം ചെയ്യാൻ പറ്റും സ്വയം തന്നെ അത് ചെയ്യണം അത് തന്നെ സ്വയം വിചാരിച്ച് മനസ്സിന് ബലപ്പെടുത്തുന്നതാണ് ഈ മുക്തി എന്നെല്ലാം പറയും ഒരു കാര്യത്തെക്കുറിച്ചും വാസത്തെ നമുക്കറിയത്തില്ല അറിവില്ലാതെ തന്നെയാണ് ഈ ജാസങ്ങളെല്ലാം പറയും അറിവില്ലാത്ത എന്തോ ഒന്നുണ്ടെന്നാ പറയും അറിയുന്നത് നമ്മുടെ മനസ്സിനെ കുറിച്ചല്ല അതിനെ കുറിച്ച് ആർക്കും തർക്കമുണ്ടാകണം എന്തായാലും അവിടെയുണ്ട് അപ്പൊ അവിടെയാണ് ഈ സംഭവങ്ങളല്ല അതാണ് വിചാരി മൂലം പുലം എന്തു ചെയ്യണം ബലമെന്ന് പറയുന്നത് എങ്ങനെയാണ് എവിടെ ഇരിക്കുന്നത് ഈ ബലം അവനവന്റെ മനസ്സിൽ ഇരിക്കുന്നത് അവനവന്റെ ബലമാണ് അതാണ് ഞാൻ നേരത്തെ നാട്ടിന്റെ മോള് അവനവന്റെ മനസ്സുകൊണ്ട് തന്നെ അവനവന്റെ മനസ്സിനെ ശരിയാകും ആവശ്യമില്ലാത്ത എല്ലാം ബലാം പരിത്യാജി ഈ ഇന്ദ്രജാലം ഈ മോഹജാലം മോഹിപ്പിക്കുന്നത് കൊണ്ടാണ് സഫലമാകാത്ത മോഹങ്ങൾ ഉണ്ടാകുന്നത് ഇന്ദ്രജാലം വാസ്തവത്തിൽ ദോഷമുണ്ടാകും കാരണം ഇന്ദ്രജാലം എന്ന് പറഞ്ഞൊരു വിനോദമാണ് ഇന്ദ്രജാലത്തിൽ നമ്മൾ വേറൊന്നും ആഗ്രഹിക്കുകയില്ല കുറേ സമയം അത് കണ്ടുകൊണ്ടിരിക്കുക ആനന്ദിക്കുക അത്രയുള്ളൂ പക്ഷേ ഈ പ്രപഞ്ചമാകുന്ന ഇന്ദ്രജാലം അങ്ങനെയല്ല ഇതിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു നമ്മൾ ഒരുപാട് മോഹിപ്പിക്കുന്നു അത് വാസ്തവ ഇന്ദ്രജാലം പോലെയല്ല ഇവിടെ നമ്മളെ ഈ ഇന്ദ്രജാലം നമ്മളെ മോഹിപ്പിക്കുകയും നമ്മുടെ മോഹങ്ങൾ സഫലമാകാതെ വരികയും ചെയ്യുമ്പോൾ നമ്മുടെ അനുഭവമാണ് വിഷാദവും നിരാശ നഷ്ടബോധം വിലാപ് എല്ലാം അത് ഒഴിവാക്കണമെന്ന് അവിടെ പറയും പരിത്യാജ്യം അതുകൊണ്ട് ഈ ഇന്ദ്രജാലത്തെ ഒഴിവാക്കണം മറ്റേന്ദ്രജാലം കാണുന്നതിന് കുഴപ്പമില്ല അവര് കുറച്ച് സമയം കഴിഞ്ഞ മനസ്സിലൊരു സന്തോഷം കഴിഞ്ഞു അതിനെ നമ്മളൊന്നും പ്രതീക്ഷ വയ്ക്കില്ല എല്ലാവരും എന്തുകാലത്തെങ്കിലും മുപ്പത് മുപ്പതി കുറയും പ്രസാദ പരമേശ്വസ് നാഥസ് പരമാത്മ തോദസ് ശുഭാഭക്തി വിവേകം അമിതാപുതി അവിടെ പറയുന്നു പരമേശ്വരൻ പരമേശ്വരൻ പരമാത്മാവി ഇവിടെയൊക്കെ വാസൃഷ്ടത്തിൽ പരമേശ്വരൻ എന്നൊന്നും പറയുമ്പോൾ ഒരിക്കലും അവിടെ തന്നിൽ നിന്ന് അന്യമായി ഒരിക്കലും പറയട്ടെ പ്രസാദ നാഥസ് പരമാത്മനാഥനായിരിക്കുന്ന പരമേശ്വരനായിരിക്കുന്ന പരമാത്മാവിന്റെ പ്രസാദം കൊണ്ട് അനുഗ്രഹം കൊണ്ട് ആത്മപ്രസാദം കൊണ്ട് പ്രസാദം അധികച്ചത് അതുകൂടി തന്നെ സംഭവിക്കേണ്ടതായിരിക്കും പരമാത്മാ പ്രസാദം എന്ന് പറയുന്നതും തന്റെ അന്തക്കണ്ണത്തിൽ സംഭവിക്കേണ്ടതായിരിക്കും അതും ഈ വരുന്ന വിചാരത്തിന്റെ തുടർച്ച വിചാരത്തിന്റെ ഭാഗമായി വരുന്ന കേവലമായ വിശ്വാസമുണ്ട് യാതിർച്ഛമായി സംഭവിക്കുന്ന ദുർലഭമാണെങ്കിൽ എന്താണ് വിചാരത്തെ തുടർന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്ശ്യ ശുഭാകു വിവേകത്തിന് പോലെയുള്ളവരുടെ ശുഭമായിരിക്കും ആ പരമാത്മാപ്രസാദം കൊണ്ട് വിവേകത്തെ പിന്തുടരുന്നു എന്ന് വെച്ചാൽ വൈരാഗ്യം വിവേകം ഇവ ഗുരുവിന്റെ പരസ്പര സാപേക്ഷമായിട്ടാണ് വൈരാഗ്യത്തെ തുടർന്ന് വിവേകം വിവേകത്തെ തുടർന്ന് വൈരാഗ്യം ഇതിങ്ങനെ പിന്തുടരുന്നു ഇനി രാമൻ എന്താ സംഭവിച്ചത് ഇവിടുത്തെ കഥാപാത്രത്തിൽ ദാനേ തീർത്ഥയാത്ര തപസാ ചാനേന തീർത്ഥയാത്രേകാരീയ യോഗേന ജന്തു ഇത് ജീവികളിൽ സംഭവിക്കുന്നത് എന്തൊക്കെ പരിശ്രമിച്ചാലും എന്തൊക്കെ പ്രസാദമുണ്ടായാലും ശരി പറയുന്നു അത് കാക്കതാരീയ യോഗം അനുസരിച്ചാണ് കാക്കപ്പറന്നുവന്നു പനമരത്തിന്റെ ചോട്ടിൽ നിന്ന് മേടില് ആ പനമരത്തിൽ പഴുത്ത് തൂങ്ങിക്കിടന്ന ഒരു പഴം വന്ന് കാക്കയുടെ തലയിൽ വീട്ടിൽ കാക്കചത്വം ഇതിനെന്താ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ വിധിയെന്ന് പറഞ്ഞ ഇവിടെ ഇവിടെ അർത്ഥത്തിലല്ല പറയും ആ അർത്ഥത്തിൽ എന്താ പറയും സാധാരണ കാക്കതാനിയെ ന്യായം പറയുന്നത് ഈ അർത്ഥത്തിലൊക്കെ വിധി കമോബലം യാദർച്ഛം ഇവിടെ അങ്ങനെ എന്താ ദുർലഭം സുലഭമല്ല ദുർലഭമായി സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ ദുർലഭമായി സംഭവിക്കുന്നുണ്ട് കറക്റ്റ് അങ്ങനെ സംഭവിച്ചു കറക്റ്റ് ആ കാക്ക വന്നിരുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെന്ത് പറയും ആ കാക്ക വന്നിരുന്ന സമയത്ത് പനം പഴം വന്നല്ലെങ്കിൽ ചക്കയോ തേങ്ങയോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ തലയിൽ വീണ ചക്ക ഇത് കറക്റ്റ് സമയത്ത് സംഭവിച്ചു ഇതങ്ങനെ സംഭവിക്കുന്നതല്ലല്ലോ വളരെ ദുർലഭമാണ് ദുർലഭമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ജന്തോഹോ ജീവികളുടെ ബുദ്ധി ദുർലഭമായി ഇവിടെ സംഭവിക്കുന്ന കാര്യമാണിതെല്ലാം വിവേക വൈരാഗ്യങ്ങളതിനെ കുറിച്ച് പറയുന്നത് ക്രിയാക്രമേണ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് മഹതാ തപസ്സേന ദീർഘാലത്തെ തപസ്സുകൊണ്ട് നീവേന ജീവിതത്തിലെ യമനിമാദികളെല്ലാം അനുഷ്ഠിച്ച് ദാനയും പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്തത് തീർത്ഥയാത്ര തീർത്ഥയാത്രകളെല്ലാം ചെയ്ത് ചിരകാലങ്ങളെല്ലാം തെരുകാനാണ് രാമൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു സാറിന്റെ മനുഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനേക ജന്മങ്ങളും വിവേകത ഉള്ളിൽ വിവേകമുണ്ടായി ദുഷ്കൃത ക്ഷയമാവല്ലേ എൻ്റെ ഉള്ളിലേക്ക് പാപങ്ങളെല്ലാം ക്ഷയിച്ച് പരമാർത്ഥ വിചാരണയും പരമാർത്ഥ വിചാരമെന്നവരെ ഉണ്ടായി അതുകൊണ്ട് കാക്കതാരിയോ ഗന്തു ബുദ്ധിത്വ മനുഷ്യന്റെ ബുദ്ധി ഈ വഴിക്ക് തിരിയുന്നു എന്നാണ് മനുഷ്യ ബുദ്ധിയിൽ വിവേക വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാകും അത് ദുർലഭമായി സംഭവിക്കുന്നുള്ളങ്ങനെ പറയുന്നു വിധേയത്ത് എന്ന് പറയുന്നു മനുഷ്യാണ് സഹശ്രേഷു കസ്റ്റി സിദ്ധ്യത ഒരു സിദ്ധാനം യുന്ന മനസ്സിൻ്റെ വിവേകദാർഢ്യം അങ്ങനെ പരിശ്രമിക്കുന്നവന് മൂലം ദുർലഭമായി സംഭവിക്കുന്നുള്ളതാണ് സുലഭമല്ല അതുകൊണ്ടാണ് അവിടെ കച്ചി മാം മേഖല തത്വഗാവും ഗീതയെക്കുറിക്കുന്നത് ഗീതയുടെ ധൈര്യം തന്നെയാണ് എന്ന് മുഴുവൻ പറയും പദ്യങ്ങൾ പറഞ്ഞു അതിന്റെ ആശയം തന്നെയാണ് പറയും അതുകൊണ്ട് രാമന്റെ ജീവിതത്തിൽ നോക്കിയ ഈ കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ നോക്കിയ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു രാമൻ തീർത്ഥ യാത്രകളൊക്കെ കഥകളൊക്കെ നേരത്തെ പറഞ്ഞാണ് വീട്ടു കൊട്ടാരത്തിൽ മുറിക്കകത്ത് കഥകളൊക്കെ തടസ്സീതായിട്ടും പറഞ്ഞ് ആരോടും കണ്ട അപ്പെല്ലാം ചെയ്തു കഴിഞ്ഞു ഇപ്പൊ രാമനൊരു വിശിഷ്ട ജന്മമായതുകൊണ്ട് പല ജന്മങ്ങളുടെ ആവശ്യമൊന്നും അങ്ങനെ വിചാരിട്ടും എന്താണ് ദുർലഭമായി മാത്രം മനസ്സിന് ഈ ശേഷി ഉണ്ടാവും ദുർലഭമായി ഉണ്ടാവും എന്ന് പറഞ്ഞു വേറെ കാര്യം ദുർലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ നിരാശപ്പെടുത്തുന്ന അങ്ങനെ സംശയമില്ല ദുർലഭവം എന്ന് പറയുന്നത് കൊണ്ട് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേ ആ പരിശ്രമത്തിന്റെ നൈലന്ദര്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ദുർലഭം അസാധ്യമെന്നുള്ളത് സാധിക്കാത്ത കാര്യം തന്നെ പറയും നിരന്തരം പരിശോധിച്ചു ഒരാള് ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് ആധ്യാത്മികമായ ജീവിതമാണ് നയിക്കുന്നെങ്കിൽ കുറഞ്ഞപക്ഷം അവർക്ക് എന്തിനും ഇതിനുവേണ്ടി നിരന്തരം പരിശോധിക്കാവില്ല അപ്പോ ആധ്യാത്മികമായ ജീവിതത്തിൽ ഭൗതികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലോടെ ആത്മീയമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടാറുണ്ട് അതുകൊണ്ടാണ് ഇത് ദുർലഭിലൂടെ കൂടുതൽ പരിശ്രമാവശ്യങ്ങളും ഉണ്ടെന്നില്ല എന്നത്ഥം മുപ്പത്താറ് നമുക്ക് ബാക്കി അങ്ങനെ തന്നെ വർണ്ണിക്കുകയാണ് അങ്ങനെയുള്ള വർണ്ണനകൾ ഞാനങ്ങോട് ഓരോ പുതിയ ഉപമങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞ കാര്യം വീണ്ടും പറയും ഞാൻ എത്തിപ്പ്ലവേവ സംസാരാധി സുപുസ്തരം മഹാധിയസീർണേഷ ജാഥ രാമനെ അഭിസംബോധന ചെയ്യുകയാണ് എങ്ങനെയാണ് ജ്ഞാനയുക്തിപ്ലവ ജ്ഞാനയുക്തികളാകുന്ന ചെറു തോണികളൊക്കെ ഉണ്ടാവും ജ്ഞാനയുക്തി എന്നിവിടെ എങ്ങന പറയുന്നത് അപ്പൊ ജ്ഞാനം എന്ന് പറയുന്ന നമ്മൾ പറയുമ്പോൾ ജ്ഞാനം എന്ന് പറയുന്ന യുക്തിയാണ് അത് ശരിയാണ് പക്ഷെ അഭ്യാസം എന്ന് പറയുന്നത് എന്താണ് അനുഭൂതിയെ ആരും അഭ്യസിക്കാറ് അഭ്യാസം എന്ന് യുക്തി തന്നെയാണ് വിചാരണം തത്വവിചാരം നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ നിസ്സാരത്തെ കുറിച്ച് ഈ ആത്മതത്വത്തെ കുറിച്ച് ഇന്ദ്രജാലത്തെക്കുറിച്ച് ഇത് ഇന്ദ്രജാലമാണെന്ന് ചെയ്ത് ബോധ്യപ്പെടുക ഇങ്ങനെയുള്ള കാര്യം ഇവിടുത്തെ ആത്മീയത എന്ന് പറയുന്നത് അതാണ് വാസ്തുഷൻ പറയുന്ന ആത്മീയത മനസ്സെന്ന് പറയുന്നതിന് സുഷുപ്തി അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ചാടി സ്വപ്നത്തിലേക്ക് അവിടെ പോയി പിന്നെ ജാഗ്രത കാര്യം പറയാറുള്ളൂ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ കൂടുതലും മനസ്സ് പ്രവർത്തിക്കുന്ന എവിടെയാണ് മനോരാജ്യങ്ങളും കൂടുതൽ പ്രത്യേകിച്ചും ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊക്കെ വയ്ക്കുന്നവരുകയാണ് മനോരാജ്യങ്ങൾ മുഴുകിയാണ് കൂടുതൽ സമയങ്ങളിൽ പിന്നെ കുറെ പഴയകാല ഓർമ്മകളുണ്ടാകും ബാക്കി നമ്മള് നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാൻ ചിന്തിക്കാം വേണ്ടാത്തതിനെ ഒഴിവാക്കാൻ വേണ്ടിയും വേണ്ടതിന് നേടിയെടുക്കാൻ വേണ്ടിയൊന്നും ചിന്തിക്കുക നമ്മളോ രാജ്യങ്ങളാണ് എന്തായാലും മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേ അടുത്ത് പറയും മർക്കട ചെഞ്ചലം കുരങ്ങനെ പോലെ ചഞ്ചലമായിരിക്കുന്ന അവിടെയാണ് ജ്ഞാനയുക്തിപ്ലവത്തിൻ്റെ അവസ്ഥ ജ്ഞാനയുക്തികൾ ഇവിടെ ഉപദേശിക്കുന്ന വശിഷ്ഠം ഉപയോഗിക്കുന്ന ജ്ഞാനം വ്യക്തികളെ കൊണ്ട് മനസ്സ് നിറയ്ക്കുക മനസ്സിന് കൂടുതൽ സമയം അത് നിർത്തുക വിവേകം അത് മനസ്സിന് നിലനിർത്തുക വിവേകം നിലനിർത്തുന്നതിന് തന്നെയാണ് വിചാരമെന്ന് പറയുന്നത് അല്ല വിചാരമെന്ന് പറയുന്നത് കാണാൻ പഠിക്കുന്ന സാധനം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ കടന്നു പോകുന്നത് അതെന്നു വിചാരിക്കുന്നു അത് തന്നെയാണ് നമ്മൾ ആരോടെങ്കിലും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതാണ് പറയുന്നത് എന്താണോ കടന്നു പോകുന്നത് അതെന്താ വിചാരി ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കിടന്നു വരുന്നോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതാണ് വിചാരം അതാണ് ഞാനേ ഒരു ചെറുതോണി പോലെയാണ് എങ്ങനെ ഈ സംസാരസാഗരത്തെ കിടക്കുന്നത് സംസാരസാഗരം എന്ന് പറഞ്ഞാൽ പേടിക്കില്ല എന്തിനു കിടക്കുന്നതിന് ദുഃഖത്തെ ജീവിതത്തിലെ വൈഷമ്യങ്ങളെ നമുക്ക് പറഞ്ഞിരുന്നാണോ നിരാശ വിഷാദം ഇതിനേക്കും മറികടക്കുന്നതിനുള്ള ഉപായമാണ് ഇത് ജ്ഞാനയുക്തികൾ എന്ന് പറഞ്ഞു അതുകൊണ്ട് സംസാരാഥി സുധുസ്ഥലം വളരെ കടന്നു കയറാൻ പ്രയാസമുള്ള സുധുസ്തലം തരണം ചെയ്യാൻ പ്രയാസം കടന്നു കയറാറുണ്ട് പ്ലവം എന്ന കാലത്ത് പഴയ കാലത്ത് പറഞ്ഞിരുന്നത് ചെറിയ പള്ളുകളെ അത് ജ്ഞാനം ദൃഢപ്പെടുന്നതിനനുസരിച്ചത് വലിയ വലിയ ആവിക്കപ്പലായിട്ടുള്ളതാണ് അത് തന്നെ ദൃഢപ്പ് ഒരാള് ദുഃഖത്തെ മറികടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മറികടക്കാൻ എന്താ വഴികിടക്കണം നമുക്ക് മറികടക്കാൻ എന്താണ് ജീവിതത്തിൽ വലിയ ആകുലതകളെല്ലാം ഇങ്ങോട്ട് പോകുക ദുഃഖത്തെ മറികടക്കാം നമ്മുടെ മനസ്സിന് ഒരുപാട് വിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന ആകുലത വ്യസനങ്ങൾ അതില്ലാതെ എവിടെ ജീവിച്ചു പോവുക ആശ്രമത്തിലായി യൻസ് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ സംസാര തരണം എന്ന് പറയുന്നത് വേറെ എവിടെ സംസാരം എന്ന് പറയുന്നത് സാധാരണ ചുരുക്കത്തിൽ എന്താണ് നമ്മള് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നിരന്തരം നേരിടുന്ന പ്രശ്നങ്ങൾ അത് നേരിടുന്ന സാ ബാക്കി ആഭ്യന്തരം മായ മാനസികമായ പ്രശ്നങ്ങളായാലും ശരി ശാരീരികവും ലൗകികവും രോഗം നിയമിതമായിട്ടുള്ള പ്രശ്നങ്ങളായാലും രണ്ടും ഇതെല്ലാം വന്ന് ബാധിക്കുന്നത് പ്രധാനമായും നമ്മുടെ മനസ്സിന് ശരീരത്തിന് ഒരു വൈഷമ്യം വന്നാൽ അത് വന്ന് തട്ടിക്കയറുന്ന ഇവിടെ മനസ്സിനും അപ്പോൾ മനസ്സിനെ അത് ബാധിക്കുക ാണ് ബാക്കിയൊന്നും ചിലപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങളെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് ശേഷം ഇല്ല എന്തിനും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെപ്പോലും കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പക്ഷെ ഇതൊക്കെ അവസാനം എത്തിച്ചേരും നമ്മുടെ മനസ്സിലാണ് പ്രശ്നങ്ങൾ അതിനെ വലിയ അലട്ടടൊന്നുമില്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് ഈ സംസാര തരണം ചെയ്യുക എന്ന് പറയുന്നത് അവിടെയുള്ള ഞാനുക്തികൾ വിവേകത്തെ ഉപയോഗിക്കേണ്ടവരുന്ന അവിടെയുള്ള മനനത്തിന്റെ ആവശ്യം വരുന്നു അക്കാര്യത്തെ കുറിച്ച് ലളിതമായി പറഞ്ഞു അവസാന വരം പറയുന്നു ഇത് സ്വന്തം ആന്തരീകമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് ഒരകസമാധാനമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അവൻ ആധ്യാത്മിക ജീവിതത്തിൽ വിജയിച്ചു അതിനുവേണ്ടി അവൻ എന്തൊക്കെ ഉപകാരം സ്വീകരിച്ചാൽ അതിനവൻ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ അവൻ വിജയിച്ചു അത് കേവലം പരാശ്രയത്തിലൂടെ സാധിക്കും അവന് ജ്ഞാന യുക്തികൾ അവന്റെ ഉള്ളിൽ തുളിച്ചാലേർപ്പെട്ടു പരസായം കൊണ്ട് മാത്രം സാധിക്കുന്ന അതായത് എത്ര വിദഗ്ധനായ ഒരു ഡോക്ടർ നമ്മളെ ചികിത്സിച്ചാലും ശരി അതിനെയെല്ലാം മനസ്സിലാക്കുകയും അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യുന്ന ബലമുള്ളൊരു മനസ്സിന് ആ ചികിത്സ നമ്മൾ വേസ്റ്റായി ഏത് ചികിത്സകൾ നമ്മുടെ മനസ്സിന് ബലമില്ലെങ്കിലും ചികിത്സ ഫലപ്രദമാണ് മനസ്സിന്റെ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് കടുത്ത രോഗം വരുമ്പോൾ ഡോക്ടർമാർ ചികിത്സയോടൊപ്പം കൗൺസലിംഗ് കൂടും അത് മനസ്സിനാണ് മരുന്ന് നമ്മുടെ ശരീരത്തിനാണ് അതുപോലെയാണ് ഒരു കൗൺസിലിങ്ങാണ് ഞാനെഴുത്തി മനസ്സിന് ശരിയാകും അതുകൊണ്ട് എന്താണ് ജ്ഞാനെഴുത്തിൽ പ്രശ്നങ്ങളെ മറികട അവനെ വേണ്ട പ്രശ്നങ്ങളെ സ്വയം മറികട അതിനുള്ള ഒരു ശക്തി മനസ്സിനാർജിച്ചാൽ മഹാധീയ സമുദ്ര നിമേഷിയന മഹാധീയ മഹാ ബുദ്ധിയുള്ളവർ അത് കഴിഞ്ഞാൽ ബുദ്ധിക്ക് ഫലമുള്ള സമുദ്ര എന്ന ഇതിനെ തരണം ചെയ്തിരിക്കുന്നു നിമേഷേണ നിമിഷം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ നിമിഷവും മനുഷ്യന് അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഓരോ നിമിഷവും അതിനെ നേരത്തെയും തരണം ചെയ്യേണ്ടതു നിമിഷം പ്രതി അതവന്റെ ജോലിയാണ് എന്തുകൊണ്ട് നമ്മൾ കുറച്ച് സമയം സ്വസ്ഥമായിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത് ബാഹ്യമായോ ആന്തരിയുമായി നിമിഷം കൊണ്ട് തരണം ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ നിമിഷവും തരണം ചെയ്യാവുന്ന തന്നെയാണ് അതിൻ്റെ അതിനുള്ള എന്താണ് വിവേകം യുക്തിബോധം മനോദാർഢ്യം ഇതൊക്കെ ആർജിക്കുന്നുവെന്നാണ് കൂടെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള മാനസികമായ ബലം നേടിയതിനുള്ള മഹാൽ മോഡി അങ്ങനെ ദുഃഖത്തെ കള്ള ചെയ്യാൻ ശേഷം